സത്യവിശ്വാസികളെ നിങ്ങൾ ദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ലും രഹസ്യമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ സംഭാഷണത്തിനു മുമ്പായി ഒരു ദാനം നൽകുക അത് നിങ്ങൾക്ക് ഉത്തമവും പരിശുദ്ധവുമാകുന്നു എന്നാൽ നിങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനഹു വറ്റാല ഏറെ പുറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു